ം ഇരുപത് അരാം രാജാവായ ബെൻഹദദ് തന്റെ സൈന്യത്തെയൊക്കെയും ഒന്നിച്ചുകൂട്ടി അവനോടുകൂടെ മുപ്പത്തിരണ്ട് രാജാക്കന്മാരും ഉദരകളും രഥങ്ങളും ഉണ്ടായിരുന്നു അവൻ പുറപ്പെട്ടുവന്ന് ശമരിയെ നിരോധിച്ച് അതിന്റെ നേരെ യുദ്ധം ചെയ്തു അവൻ ഇസ്രയേൽ രാജാവായ ആഹാബിന്റെ അടുക്കൽ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ച് അവനോട് നിന്റെ വെള്ളിയും പൊന്നും എനിക്കുള്ളത് നിന്റെ സൗന്ദര്യമേറിയ ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളവർ എന്നിങ്ങനെ ബെൻഹദദ് പറയുന്നു എന്നു പറയിച്ചു അതിന് രാജാവ് എന്റെ യജമാനായ രാജാവേ നീ പറഞ്ഞതുപോലെ ഞാനും എനിക്കുള്ളതൊക്കെയും നിനക്കുള്ളത് തന്നെ എന്നു മറുപടി പറഞ്ഞയച്ചു ദൂതന്മാർ വീണ്ടും വന്ന് ബൻഹദദ് ഇപ്രകാരം പറയുന്നു നിന്റെ വെള്ളിയും പൊന്നും നിന്റെ ഭാര്യമാരെയും നിന്റെ പുത്രന്മാരെയും എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ നാളെ ഈ നേരത്ത് ഞാൻ എന്റെ ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അവർ നിന്റെ അരമനെയും നിന്റെ ഭൃത്യന്മാരുടെ വീടുകളും ശോധന ചെയ്ത് നിനക്കിഷ്ടമുള്ളതൊക്കെയും കൈക്കലാക്കി കൊണ്ടുപോരും എന്ന് പറഞ്ഞു അപ്പോൾ ഇസ്രയേൽ രാജാവ് ദേശത്തുള്ള എല്ലാ മൂപ്പന്മാരെയും വരുത്തി അവൻ ദോഷം ഭാവിക്കുന്നത് നോക്കിക്കാൺമിൻ എന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും എന്റെ വെള്ളിയും പൊന്നും അവൻ ആളയച്ച് ചോദിച്ചു എന്നാൽ ഞാൻ വിരോധിച്ചില്ല എന്നു പറഞ്ഞു എല്ലാ മൂപ്പന്മാരും സകല അവനോട് നീ കേൾക്കരുത് സമ്മതിക്കുകയും വരുത് എന്നു പറഞ്ഞു ആകെയാൽ അവൻ ബെൻഹദിന്റെ ദൂതന്മാരോട് നിങ്ങൾ എന്റെ യജമാനായ രാജാവിനോട് നീ ആദ്യം അടിയന്റെ അടുക്കൽ പറഞ്ഞയച്ചതൊക്കെയും ചെയ്തുകൊള്ളാം എന്നാൽ ഈ കാര്യം എനിക്ക് ചെയ്യുവാൻ കഴിവില്ല എന്ന് ബോധിപ്പിക്കണം എന്ന് പറഞ്ഞു ദൂതന്മാർ ചെന്ന് ഈ മറുപടി ബോധിപ്പിച്ചു ബൻഹദദ് അവന്റെ അടുക്കൽ ആളയച്ചു എന്നോട് കൂടെയുള്ള എല്ലാ പടജനത്തിനും കൈക്ക് ഓരോ പിടി വാരുവാൻ ശമരിയിലെ പൊടി മതിയാകുമെങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറയിച്ചു അതിന് ഇസ്രയേൽ രാജാവ് വാളരയ്ക്ക് കെട്ടുന്നവൻ അഴിച്ചുകളയുന്നവനെപ്പോലെ വമ്പു പറയരുത് എന്നവനോട് പറവീൻ എന്നുത്തരം പറഞ്ഞു എന്നാൽ അവനും രാജാക്കന്മാരും മണിപ്പന്തലിൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്ക് കേട്ടിട്ട് തന്റെ ഭൃത്യന്മാരോട് ഒരുങ്ങിക്കൊള്ളീൻ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ പട്ടണത്തിന് നേരെ യുദ്ധത്തിനൊരുങ്ങി എന്നാൽ ഒരു പ്രവാചകൻ ഇസ്രയേൽ രാജാവായ ആഹാബിന്റെ അടുക്കൽ വന്നു യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഈ മഹാസംഘത്തെയൊക്കെയും നീ കണ്ടുവോ ഞാൻ ഇന്ന് അതിനെ നിന്റെ കൈയിൽ ഞാൻ യഹോവയെന്ന് നീ അറിയും എന്ന് പറഞ്ഞു ആരെക്കൊണ്ട് എന്ന് ആഹാബ് ചോദിച്ചതിന് അവൻ ുടെ ബാല്യകാരേ കൊണ്ട് എന്ന് യഹോവ അരുളു ചെയ്യുന്നു എന്ന് പറഞ്ഞു ആർ പട തുടങ്ങണം എന്ന് ചോദിച്ചതിന് നീ തന്നെ എന്നവൻ ഉത്തരം പറഞ്ഞു അവൻ ദേശാധിപതികളുടെ ബാല്യക്കാരെ എണ്ണി നോക്കി അവർ ഇരുന്നൂറ്റി പേരായിരുന്നു അവരുടെ ശേഷം അവൻ ഇസ്രായേൽ മക്കളുടെ പടജനത്തെയൊക്കെയും എണ്ണി ഏഴായിരം പേർ എന്ന് കണ്ടു അവർ ഉച്ചസമയത്ത് പുറപ്പെട്ടു എന്നാൽ ബെൻഹതദ് തനിക്ക് തുണയായിരുന്ന മുപ്പത്തിരണ്ട് രാജാക്കന്മാരോടുകൂടെ മണിപ്പന്തലിൽ കുടിച്ച് മത്തനായിരുന്നു ദേശാധിപതികളുടെ ബാല്യക്കാർ ആദ്യം പുറപ്പെട്ടു ബൻഹതദ് ആളയച്ചന്വേഷിച്ചാറെ ശമരിയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടെന്ന് അറിവ് അപ്പോൾ അവൻ അവർ സമാധാനത്തിന് വരുന്നെങ്കിലും അവരെ ജീവനോടെ പിടിപ്പി അവർ യുദ്ധത്തിന് വരുന്നെങ്കിലും അവരെ ജീവനോടെ പിടിപ്പീൻ എന്ന് കൽപ്പിച്ചു പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടുവന്നതോ ദേശാധിപതികളുടെ ബാല്യക്കാരും അവരെ തുടർന്നു പോന്ന സൈന്യവും ആയിരുന്നു അവർ ഓരോരുത്തൻ താന്താന്റെ നേരെ വരുന്നവനെ കൊന്നു അരാം മീർ ഓടിപ്പോയി അവരെ പിന്തുടർന്നു അരാം രാജാവായ ബെൻഹദദ് കുതിരപ്പുറത്ത് കയറി കുതിരക്ഷേപകരോടുകൂടെ ചാടിപ്പോയി പിന്നെ ഇസ്രായേൽ രാജാവ് പുറപ്പെട്ട് കുതിരകളെയും രഥങ്ങളെയും പിടിച്ചു അരാം നിര കഠിനമായി തോൽപ്പിച്ചുകളഞ്ഞു അതിന്റെ ശേഷം ആ പ്രവാചകൻ ഇസ്രയേൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട് ധൈര്യപ്പെട്ടു ചെന്ന് നീ ചെയ്യുന്നത് കരുതിക്കൊള്ളുക ഇനിയത്തെ ആണ്ടിൽ അരാം രാജാവ് നിന്റെ നേരെ പുറപ്പെട്ടുവരും എന്ന് പറഞ്ഞു ആരാം രാജാവിനോട് അവന്റെ ഹൃദ്യന്മാർ പറഞ്ഞത് അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു അതുകൊണ്ടത്രേ അവർ നമ്മെ തോൽപ്പിച്ചത് സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്താൽ നാം അവരെ തോൽപ്പിക്കും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം ആ രാജാക്കന്മാരെ അവനവന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി അവർക്കു പകരം ദേശാധിപതിമാരെ നിയമിക്കണം പിന്നെ നിനക്ക് നഷ്ടമായി പോയ സൈന്യത്തിന് സമമായൊരു സൈന്യത്തെയും കുതിരപ്പടയ്ക്ക് സമമായ കുതിരപ്പടയെയും രഥങ്ങൾക്ക് സമമായ രഥങ്ങളെയും ഒരുക്കിക്കൊള്ളുക എന്നിട്ട് നാം സമഭൂമിയിൽ വെച്ചവരോട് യുദ്ധം ചെയ്യുക നാം അവരെ തോൽപ്പിക്കും നിശ്ചയം അവനവരുടെ വാക്കുകേട്ട് അങ്ങനെ തന്നെ ചെയ്തു പിറ്റേ ആണ്ടിൽ ബെൻഹതദ് അരാമ്യരെ എണ്ണി നോക്കി ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുവാൻ അഫേക്കിന് പുറപ്പെട്ടു വന്നു ഇസ്രയേലൊക്കെയും എണ്ണി നോക്കി അവർ ഭക്ഷണപദാർത്ഥങ്ങൾ എടുത്ത് അവരുടെ നേരെ പുറപ്പെട്ടു ഇസ്രയേലർ ആട്ടിൻകുട്ടികളുടെ രണ്ട് ചെറിയ കൂട്ടം പോലെ അവരുടെ നേരെ പളയമിറങ്ങി അരാമ്യരോ ദേശത്ത് നിറഞ്ഞിരുന്നു ഒരു ദൈവപുരുഷൻ അടുത്തുവന്ന് ഇസ്രയേൽ രാജാവിനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു യഹോവ പർവ്വത താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറകൊണ്ട് ഞാൻ ഈ മഹാസംഘത്തെയൊക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും ഞാൻ യഹോവ തന്നെ എന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞു എന്നാൽ അവർ അവരുടെ നേരെ ഏഴു ദിവസം പാളയമിറങ്ങിയിരുന്നു ഏഴാം ദിവസം പടയുണ്ടായി ഇസ്രയേല്യർ അരാമ്യരിൽ ഒരു ലക്ഷം കാലാളുകളെ ഒരു ദിവസം തന്നെ ഒന്നു ശേഷിച്ചവർ അഫേക് പട്ടണത്തിലേക്ക് ഓടിപ്പോയി ശേഷിച്ചിരുന്ന ഇരുപത്തേഴായിരം പേരുടെ മേൽ പട്ടണമതിൽ വീണു ബെൻഹദും ഓടി പട്ടണത്തിനകത്തു കടന്ന് ഒരു ഉള്ളറയിൽ ഒളിച്ചു അവന്റെ ഭൃത്യന്മാർ അവനോട് ഇസ്രയേൽ ഗ്രഹത്തിലെ രാജാക്കന്മാർ ദയുള്ള രാജാക്കന്മാർ എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങൾ അരയ്ക്ക് രട്ടും തലയിൽ കയറും കെട്ടി ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെല്ലട്ടെ പക്ഷെ അവൻ നിന്നെ ജീവനോടെ രക്ഷിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവർ അരയ്ക്ക് രട്ടും തലയിൽ കയറും കെട്ടി ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്നു എന്റെ ജീവനെ രക്ഷിക്കണമേ എന്ന് നിന്റെ ദാസനായ ബൻഹദദ് അപേക്ഷിക്കുന്നു എന്നു പറഞ്ഞു അതിനവൻ അവൻ ജീവനോടെയിരിക്കുന്നുവോ അവൻ എന്റെ സഹോദരൻ തന്നെ എന്നു പറഞ്ഞു ആ പുരുഷന്മാർ അത് ശുഭലക്ഷണം എന്ന് ധരിച്ച് ബദ്ധപ്പെട്ട് അവന്റെ വാക്ക് പിടിച്ചു അതെ നിന്റെ സഹോദരൻ ബെൻഹതദ് അതിനവൻ നിങ്ങൾ ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടു പറഞ്ഞു ബെൻഹതദ് അവന്റെ എടുക്കൽ പുറത്തേക്ക് വന്നു അവനവനെ രഥത്തിൽ കയറ്റി അവനവനോട് എന്റെ അപ്പൻ നിന്റെ അപ്പനോട് പിടിച്ചടക്കിയ പട്ടണങ്ങളെ ഞാൻ മടക്കിത്തരാ എന്റെ അപ്പൻ ശമരിയയിൽ നീ ദമ്മശക്കിൽ നിനക്ക് തെരുവീഥികളെ ഉണ്ടാക്കിക്കൊള്ളുക എന്നു പറഞ്ഞു അതിനാഹാബ് ഈ ഉടമ്പടിയിന്മേൽ ഞാൻ നിന്നെ വിട്ടയക്കാം എന്നു പറഞ്ഞു അങ്ങനെ അവൻ അവനോട് ഉടമ്പടി ചെയ്തു അവനെ വിട്ടയച്ചു എന്നാൽ പ്രവാചക ശിഷ്യന്മാരിൽ ഒരുത്തൻ യഹോവയുടെ കൽപ്പനപ്രകാരം തന്റെ ചങ്ങാതിയോട് എന്നെ അടിക്കണമേ എന്നു പറഞ്ഞു എന്നാൽ അവന് അവനെ അടിപ്പാൻ മനസ്സായില്ല അവനവനോട് നീ യഹോവയുടെ വാക്ക് അനുസരിക്കായികൊണ്ട് നീ വിട്ട് പുറപ്പെട്ട ഉടനെ ഒരു സിംഹം നിന്നെ കൊല്ലും എന്നു പറഞ്ഞു അവനവനെ വിട്ട് പുറപ്പെട്ട ഉടനെ ഒരു സിംഹം അവനെ കണ്ടു കൊന്നുകളഞ്ഞു പിന്നെ അവൻ മറ്റൊരുതിനെ കണ്ടു എന്നെ അടിക്കണമേ എന്നു പറഞ്ഞു അവനവനെ അടിച്ചു മുറിവേൽപ്പിച്ചു പ്രവാചകൻ ചെന്ന് വഴിയിൽ രാജാവിനെ കാത്തിരുന്നു ഒരു തലപ്പാവ് കണ്ണുവരെ താഴ്ത്തിക്കെട്ടി വേഷം മാറി നിന്നു രാജാവ് കടന്നു പോകുമ്പോൾ അവൻ രാജാവിനോട് വിളിച്ചു പറഞ്ഞത് അടിയൻ പടയുടെ നടുവിൽ ചെന്നിരുന്നു അപ്പോൾ ഇതാ ഒരുത്തൻ തിരിഞ്ഞ് എന്റെ അടുക്കൽ ഒരാളെ കൊണ്ടുവന്നു ഇവനെ സൂക്ഷിക്കണം ഇവനെ കാണാതെ പോയാൽ നിന്റെ ജീവൻ അവന്റെ ജീവന് പകരം ഇരിക്കും അല്ലെങ്കിൽ നീ ഒരു താലന്തു വെള്ളി തൂക്കി തരേണ്ടി വരും എന്നു പറഞ്ഞു എന്നാൽ അടിയൻ അങ്ങുമിങ്ങും ബദ്ധപ്പാടായിരിക്കുമ്പോൾ അവനെ കാണാതെ പോയി അതിന് ഇസ്രായേൽ രാജാവ് അവനോട് നിന്റെ വിധി അങ്ങനെ തന്നെ ആയിരിക്കട്ടെ നീ തന്നെ തീർച്ചയാക്കിയല്ലോ എന്നു പറഞ്ഞു തൽക്ഷണം അവൻ കണ്ണിന്മേൽ നിന്ന് തലപ്പാവ് നീക്കി അപ്പോൾ അവൻ ഒരു പ്രവാചകനെന്ന് ഇസ്രയേൽ രാജാവ് അറിഞ്ഞു അവനവനോട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നാശത്തിനായിട്ട് ഞാൻ നിയമിച്ച ആളെ നീ വിട്ടയച്ചു കളക നിന്റെ ജീവൻ അവന്റെ ജീവനും നിന്റെ ജനം അവന്റെ ജനത്തിനും പകരമായിരിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇസ്രയേൽ രാജാവ് വ്യസനവും നീരസവുമുള്ളവനായി അരമനയിലേക്ക് പുറപ്പെട്ടു ശമരിയയിൽ എത്തി